അവർ വിളിക്കുന്നവർ തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്കൊരു മാർഗ്ഗം തേടുന്നു അവരിൽ ആരാണ് കൂടുതൽ അടുത്തതെന്ന് അവർ അന്വേഷിക്കുന്നു അവർ അവൻറെ കാരുണ്യം പ്രതീക്ഷിക്കുകയും അവൻറെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവിൻറെ ശിക്ഷ ഭയപ്പെടേണ്ട ഒന്നാണ്